is പുത്രവാച സ്വപ്ന വിജാഷസ്വൃതി നമു തസ്നം സ്വപ്രീക്ഷേം അപീതോ जागृते ही पुण्यपुण्यत सुख दुखाद आया श्रांद ततचास्थान अनेकव्यापार्लाना സ്വ്യാപാരി ഉപരമഭൂതിയിലേക്ക് പോകുന്നു അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ജാഗ്രത ഉണർന്നിരിക്കുമ്പോൾ പുണ്യാപുണ്യനിമിത്തുഖത്തി അനേക ആയാസാനുഭവനി പുണ്യനിമിത്ത പാപനിമിത്തമായി ദുഃഖവും ിക്കുന്നു അനേക ആയാ അനുഭവം ജീവനെ സംബന്ധിച്ച് വളരെ ശ്രമമാണ് ഈ ദുന്ദങ്ങൾ അനുഭവിക്കുക അതുകൊണ്ട് വളരെ ശ്രമമാണ് ശ്രമകരമായ അനുഭവമാണ് അതുകൊണ്ട് ശ്രാന്ത ക്ഷീണിതനായി തീരുന്നു തദ്ശ് ആയസ്ഥാനം കർണാം അങ്ങനെ കരണങ്ങളെല്ലാം തളരുന്നു ജാഗ്രതാനുഭവം കൊണ്ട് കരണങ്ങൾ മനസ്സും ഇന്ദ്രിയങ്ങളും തളരുമ്പോൾ അനേക വ്യാപാരനിമിത്ത ഗ്ലാനാണ് ജാഗ്രതയുടെ മുഴുവൻ പ്രവൃത്തികളും കൊണ്ട് അത് ക്ഷീണിക്കുമ്പോൾ സ്വ വ്യാപാര അതെല്ലാം അതതിൻ്റെ പ്രവൃത്തികളെ അവസാനിപ്പിക്കുന്നു അതിൻ്റെ പ്രവൃത്തികൾ അതിനെ നിർത്തണം ഇന്ദ്രിയങ്ങൾക്കും മറ്റും തളർന്നുപോയി ജാഗ്രത്തിൽ തളരുന്നതുകൊണ്ട് അത് ശ്രുതിയും പറയുന്നുണ്ട് ശ്രുതി സശ്രാമിത്യവ വാക്സ്രാമിക്ഷതിനെല്ലാം തളർച്ചയുണ്ട് കാര്യ ശ്രുതി പറയുന്നുണ്ട് ബ്രധാരുണ്യത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നതാണ് അതിനും ഒരു തളർച്ചയും വിശ്രമവും ആവശ്യമാണ് ടച്ച വന്ന വിശ്രമം ആവശ്യമാണ് ചക്ഷിന് ഇന്ദ്രിയത്തിനും വരും ഓരോ ഇന്ദ്രിയങ്ങൾക്കും തളർച്ച വരും വിശ്രമം ആവശ്യമാണ് ജാഗ്രത വിശ്രമിക്കാൻ കഴിയില്ല കാരണം ജാഗ്രത അതിന്റെ സ്വഭാവമാണ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഒരിന്ദ്രിയം പ്രവർത്തിക്കുകതിരുന്നാലും മറ്റോ ഒന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പണ്ട് കാണാതിരുന്നാലും ചെവി കേൾക്കും അപ്പോൾ ഏതെങ്കിലും ഓരോ ഇന്ദ്രിയം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇവർക്കെല്ലാം ഒരു വിശ്രമം ഉണർന്നിരിക്കുമ്പോൾ സാധ്യമല്ല എന്ന് പറയുന്നു ഞാനിപ്പോൾ ഉണർമിൽ പക്ഷെ ഞാൻ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ ശരി എന്തുകൊണ്ട് തന്റെ ശ്രമേന്ദ്രിയും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും സ്പർശനേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ വിശ്രമം കായികമായ വിശ്രമം ശരീരത്തിൽ വിശ്രമമില്ലാതിരിക്കും പക്ഷെ അങ്ങനെ വിശ്രമിച്ചിരിക്കാൻ സാധ്യമില്ല ഉറക്കമല്ല തഥാ ജഗൃീത ഭഗ്രഹീതം ചക്ഷഗ്രഹീതം ശ്രോതം ഗൃഹീതം മനത്തിനു പ്രാണഗ്രസ്ഥാനി പ്രാണൻ ഇതിനെല്ലാം തന്നിലേക്ക് വിലയിപ്പിക്കുന്നു സാധാരണ ദൃഷ്ടി പറയുകയാണ് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു ഇതെല്ലാം എവിടെ പോകുന്നു അന്ധക്കരണവും പ്രാണനും പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ രണ്ട് രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് പ്രാണൻ അവിടെ ഉണർന്നിട്ട് ഇതിനെല്ലാം സ്വീകരിക്കുന്നു ഭഗ്രഹീതം ചക്ഷുഗ്രഹീതം ശ്രോത്ര ഗ്രഹീതം സർവത്തി മനസ്സുൾപ്പെടെയുള്ള എല്ലാത്തിനും പ്രാണൻ തന്നിലേക്ക് വിലയിപ്പിക്കുന്നു പ്രാണഗ്രസ്ഥാനി പ്രാണേക അശ്രാന്ത പ്രാണൻ എന്ത് ചെയ്യുന്നു ഉറങ്ങുന്നാളിനെ നോക്കുക ഉറങ്ങുന്നാളിനെ കാണുന്ന ദൃഷ്ടി പറയുക കണ്ണും മൂക്കും നാക്കുമൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല മനസ്സും അവിടെ പ്രവർത്തിക്കുന്നില്ല പക്ഷെ ഒരാൾ മാത്രം ഉണർന്നിരിക്കുന്നു ആ ശരീരത്തിൽ പ്രാണൻ അശ്രാന്ത കുലായ ജാഗ്രത ആ അവസ്ഥ നമ്മൾ കാണുന്ന ഈ അവസ്ഥയാണ് സുഷിതി എന്ന് പറയുന്നത് അവനവന്റെ സുഷിതയെ കുറിച്ച് ഉറങ്ങുമ്പോന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ മറ്റുള്ളവരുടെ സുഷിതയെ കുറിച്ച് പറയാം എന്താണ് ഉറക്കം അതാണ് താൻ ഉറങ്ങുന്നവനെ കണ്ടിട്ട് ഉറയുകയാണ് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനെ വിലയിച്ച് പ്രാണൻ മാത്രം പൊതുവെച്ചുകൊണ്ടിരിക്കുന്നു ശരീരത്തിൽ പ്രാണപ്രവർത്തനം കാണാം പക്ഷെ ആള് ശ്രാന്ത ജീവ ശ്രവ ആ അത് കാണുമ്പോൾ പറയുന്നു ജീവശ്രമ അഭിനത്തയെ തൻ്റെ തളർച്ച മാറ്റുന്നതിന് സ്വദേവതാസ്വരൂപം ആത്മാവിനും പ്രതിലധ്യതയെ ആ ജീവൻ തൻ്റെ ദേവതാസ്വരൂപമായ ആത്മാവിന സ്വരൂപത്തെ പ്രാപിക്കുന്നു അതാണ് ജീവൻ അവിടെ വിശ്രമിക്കുന്നുണ്ടീവന് ജീവനായിട്ടിരിക്കുമ്പോൾ വിശ്രമമില്ല അതിന്റെ സ്വഭാവമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ ജീവൻ ജീവൻ അല്ലാതായിത്തീരുന്നു അങ്ങനെ ദേവതാരൂപം ആത്മാന തന്റെ വാസ്തവ സ്വരൂപമൊക്കെ പ്രാപിക്കുന്നു അവിടെ അതിന് വിശ്രമം ഇല്ല അത് തന്നെ ഉണ്ടെങ്കിൽ വിശ്രമിക്കാനോ പറ്റുന്നു മനസ്സിനും അങ്ങനെയാണ് മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് നിലനിൽക്കുക അത് വിശ്രമിക്കുക സാധ്യമുണ്ട് മനസ്സുണ്ടോ അതിനെന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റും ജലത്തിന് നിശ്ചിതമായിരിക്കാൻ കഴിയില്ല എന്ന് പറയും ജലത്തിൻ്റെ സ്വഭാവമാണ് അതിന് തരംഗങ്ങളായിട്ടേ ഇരിക്കാൻ നമ്മൾ കാണുന്നില്ലെന്നോ കാണാത്ത സൂക്ഷ്മ തരംഗങ്ങൾ അതിലുണ്ടായിരിക്കും നമ്മൾ നിശ്ചലം എന്ന് കരുതുന്നിടത്തും ജലത്തിൽ തരംഗങ്ങളുണ്ട് അതിസൂക്ഷ്മമായ തരംഗങ്ങൾ അസ്തുലമാകുമ്പോൾ അതിന് നമ്മൾ വേറെ പേര് പറയും അതുപോലെ തന്നെ മനസ്സ് അത് നിലനിൽക്കുന്നു അത് ചരിച്ചു കൊണ്ടേ നിലനിൽക്കുന്നു മനസ്സ് മനസ്സിന്റെ പ്രവൃത്തിയാണ് ഏകാഗ്ര സമാധിയാകുന്നത് അത് മനസ്സിന്റെ പരിണാമമാണ് അവിടെ മനസ്സ് പ്രവർത്തിച്ചാൽ അങ്ങനെ ആകുന്നു അതല്ലേ സമാധിയിൽ നിന്ന് ഉണർന്നു പോകുന്നു എന്തുകൊണ്ട് മനസ്സ് ഒരു പ്രത്യേക പരിണാമത്തിൽ ഇരിക്കുമ്പോൾ അതിനെ സമാധി എന്ന് പറയും മനസ്സെപ്പോഴാണോ ആ പരിണാമത്തെ വിടുന്നത് സമാധി എന്ന് പറഞ്ഞു അത് മറ്റൊരു പരിണാമത്തെ പ്രാപിക്കും എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കുന്ന ഒരു പരിണാമം അതാന്ന് വെച്ചാൽ മാറ്റം ഒന്നിനെ തന്നെ ഗ്രഹിക്കുന്ന പരിണാമമാണ് അപ്പൊ സമാധി മനസ്സ് രണ്ടിടത്തിൽ ചലിക്കുക മനസ്സിന് പരിണാമമില്ലെങ്കിൽ പിന്നെ സമാധിയില്ല സുഹൃപ്തി ആയിരിക്കും മനസ്സിന് പരിണാമമുണ്ട് ചലനമില്ല ചലിച്ച ഒന്നുകിൽ ജാഗ്രത ആവും അല്ലെങ്കിൽ സ്വപ്നമാകും അല്ലെങ്കിൽ സമാധിയാകും അല്ലെങ്കിൽ മൂർച്ഛ പോലെയുള്ള അവസ്ഥകളാകും മനസ്സിന്റെ പ്രത്യേകതയാണ് അത് തന്നെ ജീവനെ സംബന്ധിച്ചും പറയുന്നു തഥാജീവശ്രമാപനത്തെയെ തന്റെ അക്ഷീണത്തെ മാറ്റുന്നതിന് സ്വ ദേവതാരൂപം ആത്മാനം പ്രതിബദ്ധരി ദേവതാ സ്വരൂപമായ സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നു എന്താണ് അതിന്റെ സ്വരൂപം അതാണ് ദേവതാരൂപം എന്ന് പറയുന്നത് സത്തനെയാണ് ഇവിടെ എന്ന് പറയുന്നത് ഇന്ദ്രനും ചന്ദ്രനും ഒന്നുമല്ല ആ സത്തിനെ പ്രാപിക്കുന്നു നാന്യത്രവരൂപ അവസ്ഥാന ശ്രമ പനോദവസ്യൂപ സ്ഥിതിയെ പ്രാപിക്കാതെ ശ്രമത്തിൽ നിന്നും മോചിക്കാൻ സാധ്യമല്ല ജീവനെന്നോ മനസ്സെന്നോ എല്ലാം പറഞ്ഞ വന്നില്ല അന്ധകരണമെന്നോ സാങ്കേതികമായി ചെറിയ വ്യത്യാസങ്ങളും എല്ലാം ഒന്നു തന്നെ പറയുന്നു സ്വരൂപ അവസ്ഥാനമല്ലാതെ മനസ്സിന് വിശ്രമിക്കാൻ സാധ്യമല്ല ആ സ്വരൂപാവസാനം സ്വരൂപാവസാനം സുഹൃത്തിയിലേ സംഭവിക്കുന്നുള്ളൂ ി ബ്രഹ്മവിദ നേരത്തെ പറഞ്ഞു സ്വപ്നയും ശ്രുപത്തിനെ സംഭവിച്ചു അല്ലെങ്കിൽ മനസ്സ് പരിണമിക്കും അത് വിഷയരൂപത്തിലുള്ള പരിണാമമായാലും ശരി നിരോധരൂപത്തിലുള്ള പരിണാമമായാലും ശരി യോഗശാസ്ത്രത്തിനും സമാധിയെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുന്നിടത്തും മനസ്സിന്റെ പരിണാമം എന്നാൽ പറയുന്നത് നിരോധപരിണാമം എന്നാ പറയുന്നത് അപ്പൊ അവിടെയൊന്നും മനസ്സിന് വിശ്രമമില്ല പ്രവർത്തിക്കുന്നു ഈ ലൗകികമായ പരിണാമങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് നിരോധപരിണാമം അവിടെ മനസ്സിന് പല സദ്യ വിശേഷങ്ങളും വരും പക്ഷെ വിശ്രമമില്ല മനസ്സിന് ജോലി ചെയ്യില്ലേ അവിടെ വിശ്രമോരിടത്തേക്ക് കിട്ടും സുഷുതിയിൽ മാത്രം മറ്റുള്ള മനസ്സുണ്ട് പ്രവർത്തിക്കുന്നു പരമാർത്ഥം അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതിലൂടെ വിശ്രമം അതുകൊണ്ടു പ്രത്യേകം പറയുന്നു നാന്യത്ര സ്വരൂപാവസ്ഥാന ഈ സ്വരൂപാവസ്ഥാനമല്ല സുഷുതിയിലെ അപ്പിയം ലയം എന്ന് പറയാം അതല്ലാതെ ശ്രമാപനോദ അന്യത്ര ഒരിടത്തും സംഭവിക്കുന്നില്ല ഇത് പ്രസിദ്ധി ലോകികീതോഭൂതി അതുകൊണ്ടാണ് സർവരും പറയുന്ന എന്താണ് സംഹ്യഭീതോഭൂതി തന്നെ തന്നെ പ്രാപിച്ചിരിക്കുന്നു പൂർണ്ണമായ വിശ്രമം പൂർണ്ണമായ സുഖം പൂർണ്ണമായ ആനന്ദം അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ പറ്റും പൂർണ്ണത ആ പൂർണ്ണതയെ വർണ്ണിക്കാൻ വാക്കുകളില്ല എങ്ങനെ പറയും പറയാൻ സാധ്യമല്ല അതാണ് ആകീഭവനത്തിൽ സംഭവിക്കുന്നത് ജാഗ്രത്തിലേക്ക് വരുമ്പോ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ ശ്രമിച്ചാലും കഴിയുന്നില്ല കാരണം ജാഗ്രത്തിൽ അപൂർണതയില്ല ജാഗ്രത്തിൽ വരുന്നത് ജീവൻ ജീവൻ അപൂർണനാണ് അപൂർണനായ ജീവന് പൂർണമായ സത്യനെ വർണ്ണിക്കാൻ പറ്റത്തില്ല അപൂർണതയ്ക്കെങ്ങനെ പൂർണ്ണതയെ വർണ്ണിക്കാൻ പറ്റും അപൂർണതയ്ക്കിങ്ങനെ പൂർണ്ണതയെ അനുഭവിക്കാൻ പറ്റും അപൂർണതയ്ക്ക് അനുഭവം ഉണ്ടാവും പക്ഷെ അത് ഭാഗികമായ അനുഭവങ്ങളായി അതാണ് പറയുന്നത് അത് വിഷയമാകുന്നില്ല വൃത്തി വ്യാപ്തി ഫലവ്യാപ്തി എന്നൊക്കെ സാങ്കേതികമായി തെരച്ചു അതിന്റെ താല്പര്യം ജീവൻ അതിനെ പൂർണമായി അനുഭവിക്കാൻ സാധ്യമുണ്ട് ഒരിക്കലും എന്തുകൊണ്ട് പൂർണ്ണമായ അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ ജീവഭാവം നഷ്ടപ്പെടുകയാണ് പിന്നെ അനുഭവിക്കുന്നവനാല് പിന്നെ അനുഭവിക്കുന്നവനില്ല അപ്പൊ പിന്നെ അനുഭവം അതോടുകൂടി അവസാനിച്ചു എൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നതോ ഞാൻ എല്ലാത്തിനെയും വാസുദേവനായി കാണുന്നു എല്ലാത്തിനെയും സത്തായി കാണുന്നു ഇതൊക്കെ പറയുന്നതോ ഇത് ലൗകികമായ അനുഭവങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണവും പരമാർത്ഥത്തെ അപേക്ഷിച്ച് അപൂർണവുമാണ് കാരണം പരമാർത്ഥത്തിൽ പൂർണമായ അനുഭവം ഇല്ല നമ്മൾ സാറിന് പറയുന്നു പൂർണ്ണജ്ഞാനം നമ്മൾ സാറിന് ചോദിക്കാൻ പറയുന്നത് ശരിക്കും ഞാനിയാണോ വേറല്ലേ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്തുകൊണ്ട് ഞാനും ജീവഭാവത്തെ നശിപ്പിക്കുന്നു ജീവനില്ലെങ്കിൽ പിന്നെ ആർക്ക് പൂർണ്ണാനുഭവം ജീവൻ അതൊക്കെ സാധ്യമാകുന്നു അതിനുള്ള എല്ലാ അനുഭവങ്ങളും തുല്യാനുഭവമൊന്നും ആത്മാനുഭവുന്നു ബ്രഹ്മാനുഭവമൊന്നും ഈശ്വരാനുഭവമെന്നോ എല്ലാ അനുഭവങ്ങളും കേവലം ഭാരം മാത്രം എന്ന് പറയുന്നത് കൊണ്ടാണ് സംഹ്യഭീതവും ഭവതി അത് തല്ലേക്ക് തന്നെ അത് ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു സ്വാത്മസ്ഥാനം വിശ്രമണം തദ്വീഹാ വിശ്വാദിയും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് ലോകത്തിനും കാണാറുണ്ട് ജുരാതിരോഗ്ര പനിയും മറ്റും പിടിച്ചവർ തദ്ർർമൂകി അതിൽ നിന്ന് മരുന്നൊക്കെ കഴിച്ച് വിശ്രമിച്ച് പൂർണമായും മാറുമ്പോൾ സ്വപ്നസ്ഥാനം വിശ്രമണം പിന്നെ അവന് വരുന്ന സ്വസ്ഥത ആനന്ദം വിശ്രാന്തി എല്ലാം എന്താണ് വിശേഷിച്ചൊന്നും ഇവിടെ സംഭവിച്ചില്ല രോഗം മാറി അത്ര തന്നെ സ്വപ്നസ്ഥാന പൂർവ്വസ്ഥിതിയിലായി തന്റെ വാസ്തവസ്ഥിതി രോഗമില്ലായ്മയാണ് അല്ലെങ്കിൽ രോഗം കടന്നു വന്നതാണ് അത് മാറിയാൽ തന്റെ വാസസ്ഥിതിയിലേക്ക് പോകുന്നു തദ്ദേഹാവിശ്യാദിജീവി അതുപോലെ ഇവിടെ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെയൊന്നും വരുന്നില്ല എന്നർത്ഥം സുഹൃത്തിയിൽ ഐംഗീഭവനം വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ അതില്ലെന്നാ പറയുന്നു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല കേവല സ്വരൂപസ്ഥിതിൽ മോചിക്കുമ്പോ സ്വത്മസ്ഥാനം നമ്മൾ ഭാരം തലയിൽ നിന്ന് ഇറക്കിയതുപോലെ വിശ്രമണം തദ്ഹാവിശ്യമാണ് അതുപോലെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് യഥാശ്യനോവ സുപർണോവാത ത്തിന്റെ ഉദാഹരണം പറയുന്നുണ്ട് പരന്തലങ്ങളിൽ ഏതെങ്കിലും പക്ഷികളിൽ ആകാശത്തിൽ പറന്നിട്ട് ശ്രാന്തനായി അത് അതിൻ്റെ കൂടിലേക്ക് വരുന്നത് അതടുത്ത് ദൃഷ്ടാന്തത്തിലും പറയും അതാണ് സ്വരൂപസ്ഥിതി സ്വരൂപാവസ്ഥാനം ും മുക്തിയും വ്യത്യാസം ഒന്നാണ് അതൊക്കെ അടുത്ത് പറയും അന്ന് ചർച്ച ചെയ്യുന്നുണ്ട് സ്വരൂപാവസ്ഥാനം ആണെങ്കിൽ ജീവൻ മുക്തി എന്നൊക്കെ പറയുന്ന ചർച്ച ചെയ്യും ഇതിന് വീണ്ടും ദൃഷ്ടാന്തം പറയുന്നു അടുത്തു സയഥുനിബ് ദിശം ദിശം അന്യത്രയതലധവാധനമേ ഉപശ്രീയത യമേ സോമ്യ തന്മനോ പതിവനം അലബധവാണമേബന്ധനം ഹി സോമ്യമന തത്രാത്തോ യ സൂത്രേണ പ്രബദ്ധ പാസ്യതോക്ഷാർത്ഥി പതിക്കയം വിശ്രമ അലബ്ധ അപ്രാപ്യ ബന്ധനമേ ഉപശ്രയത പക്ഷി ശകുനി ഘാതകസ് ഹസ്തകതേന സൂത്രേണ പ്രബദ്ധ പക്ഷിയെ പക്ഷി ഘാതകൻ പക്ഷിയെ വേട്ടയാടുന്നവൻ വേട്ടയാടി അതിനെ പിടിച്ചു അതിനെ നൂറ് കൊണ്ട് കട്ടി ദിശം ദിശം ബന്ധനം ഒഷാർത്തി ഒരു മരത്തിന്റെ ചുവട്ടി കെട്ടിയിട്ടു അത് ഓരോ ദിക്കിലേക്കും ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് പ്രതിദിശം പതിത്തുവാ പറന്നു വീഴുന്ന ഓരോ ഭാഗത്തേക്ക് കെട്ടിൽ നിന്നും മോചിക്കാതെ തന്നെ അന്യത്ര ബന്ധനാതായം ആശ്രയം വിശ്രമണം ആയതന വിശ്രമ അലബ്വാ പക്ഷേ എവിടെയാ വിശ്രമിക്കാൻ കഴിയുന്നത് ആ ബന്ധനത്തിലേ ഉള്ളു അതിന് വിശ്രമം എവിടെയാണോ ബന്ധിച്ചിരിക്കുന്നത് അവിടെ പോയി വിശ്രമിക്കണം കാരണം കെട്ടവിടെയാണ് അപ്പോൾ ആകാശത്തിലേക്ക് അത് ഈ കെട്ട് അഴിച്ചു പോയി എവിടെയെങ്കിലും വിശ്രമിക്കാം എന്ന് കരുതുന്നു പക്ഷെ അത് സാധിക്കുന്നില്ല വിശ്രമം ബന്ധിച്ചെടുത്ത പ്രതിദിശം അന്യത്ര ബന്ധനാ ദയം വിശ്രമ തന്നെ കെട്ടിയിരിക്കുന്ന കെട്ടല്ലാതെ തനിക്കൊരാശ്രയമില്ല എന്ന് കണ്ടിട്ട് ബന്ധനമേ അവസാന ബന്ധന തന്നെ പ്രാപിക്കുന്നു പറഞ്ഞ് ശക്തി ക്ഷയിപ്പിക്കണ്ട എന്ന് കരുതി ആ ബന്ധനത്തെ തന്നെ പ്രാപിക്കുന്നു കെട്ടിയെടുത്ത് തന്നെ വന്ന് വീഴുന്നു ഏവുമേവ യഥായം ദൃഷ്ടാന്ത ഖലഹി സൗമ്യ ഇതുപോലെയാണ് അല്ലയോ മകനെ തൻ മനഃ തത് പ്രകൃതം ഷോഡസകല അനുപജിതം മനഃ അതുപോലെ ഈ മനസ്സ് നിർദ്ധാരിതം എന്നുവെച്ചാൽ ജീവൻ എന്ന നടത്തുക തത്പ്രവിഷ്ടതുപരക്ഷിതോ ജീവ ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ് തന്മ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്താണ് പറയുന്നത് പഴയകാലത്ത് കൃഷിക്കാര് വിളവറക്കിയിട്ട് അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി വിളവിനടക്ക് ചെറിയ മഞ്ചങ്ങളുണ്ടാക്കും നാല് തോണിൽ ചെറിയ പുരകൾ ഉണ്ടാക്കും കയറിയിരിക്കാത്തക്ക രീതിയിൽ ചെറിയ വീടുകൾ പോകും ഇപ്പോൾ രാത്രി അതിനകത്ത് കയറിയിരുന്ന് ആക്രോശിക്കും എന്തിനാണ് അന്ന് വനങ്ങൾ കൂടുതലാണ് വനങ്ങളുടെ സമീപത്തിലാണ് കൃഷി ചെയ്യുന്നത് കാട്ടുമൃഗങ്ങൾ ധാരാളം ഉണ്ട് രാത്രി ഇണങ്ങി വെള്ളം നശിപ്പിക്കും അതിനെ ഇപ്പോൾ രാത്രി വിളിക്കും ആക്രോശിക്കും അതുകൊണ്ട് ഭയന്നിട്ട് മൃഗങ്ങളോടി പോകാനാണ് അവരിയ്ക്കുന്ന ആ പുരയുടെ പേരാണ് ചെറിയ കുടില് അതിന്റെ പേരാണ് മഞ്ചം രാത്രി നിലവിളിച്ചോണ്ടിരിക്കും അപ്പോൾ ആ ഗ്രാമത്തിലേക്ക് ദൂരുന്ന ഒരാൾ ചോദിച്ചു എന്താ ശബ്ദം കേൾക്കുന്നു അപ്പോൾ രണ്ടാമതും പറയുന്നു മഞ്ചാഹക്രോസന്തി ആ മഞ്ചം വിളിക്കുന്നതാണ് ലാഭപ്പെടുത്തി പറയുന്നതാണ് മഞ്ചസ്താഹക്രോസന്തി എന്നാ പറയുന്നത് ആ മഞ്ചത്തിലിരിക്കുന്നവർ വിളിക്കുന്നു എന്ന് പറയുന്നതിന് പേരും പറയുന്നു മഞ്ചാഹക്രോസന്തി മഞ്ചം വിളിക്കണം എന്ന് പറയുന്ന പോലെ അപ്പം മഞ്ചത്തിലിരിക്കുന്നവർ വിളിക്കുന്നു മഞ്ചസ്ഥാഹക്രോശന്തി എന്ന് പറയുന്നതിന് പകരം മഞ്ചൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത് മഞ്ചം കുടിലാണ് മുളയും പോലെയും എല്ലാം കൊണ്ടുണ്ടാക്കിയ സാധനമാണ് അതിന് നിലവിളിക്കാൻ കഴിയത്തില്ല നിലവിളിക്കുന്നത് മഞ്ചസ്ഥനാണ് മഞ്ചത്തിൽ ഇരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പ്രകടനത്തിൽ മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട ജീവൻ മനസ്സെന്നും ജീവനെന്നും പറയുന്നതിനൊന്നും വലിയ അതാണ് ഷോഡശകലാശം മന്ന ഉപജിതം മന്നം കൊണ്ട് വർദ്ധിച്ച മനഃ നിർദ്ധാതം നമുക്ക് അതിനെ കുറിച്ച് ചർച്ചയിൽ തീരുമാനിച്ചാണ് തത് പ്രവിഷ്ടോ ജീവ മനസ്സാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്ന ജീവനെയാണ് തന് മനവിൽ നിർദ്ദേശതേ മനസ്സെന്ന് പറയുന്നു മഞ്ചാക്രോശനമെന്ന് മഞ്ചത്തിൽ ഇരിക്കുന്നവനെന്ന് പറയുന്നതിന് പേരം മഞ്ചമെന്ന് പറയുന്നതുപോലെ മനസ്സിൽ ഇരിക്കുന്നവനെന്ന് പറയുന്നവരും മനസ്സിലിരിക്കുന്നവന് ആരാണ് ജീവൻ അതിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷിയായിട്ട് എങ്ങനെ സമ്മാനാക്കി ഉപാധൃജീവോ അവിദ്യ കാമ കർമ്മോപതിഷ്ഠാം ദിശം ദിശം സുഖദുഃഖാതിരക്ഷണം ജാഗ്രസ്വപ്നയോഹോ പതിത്വ ഗത്വ അനുഭൂയ അതിനു വിശദീകരിക്കും സമനാക്കി ഉപാധിർജീവോ മനസ്സന്നോപാധിയോടുകൂടിയ ജീവൻ അവിദ്യാകാമകർമ്മ ഉപതിഷ്ഠാമകർമ്മങ്ങളാൽ പ്രേരിതമായി ദിശൻ ദിശം ഓരോ ദക്കിലേക്കും പറക്കുന്നു ജാഗ്രത്തിലേക്ക് സ്വപ്നത്തിലേക്ക് ഇങ്ങനെ പറക്കുന്നു മൂർച്ചയിലേക്ക് സമാധിയിലേക്കൊക്കെ പറന്നു പോകുന്നു ദിശിശം സുഖ ദുഃഖാദി ലക്ഷണം ചെലടത്ത് സുഖം ചെലടത്ത് ദുഃഖം ചെലടത്ത് സുഖതു സമ്മിശ്രം ഇടത്തൊന്നുമില്ല ഇങ്ങനെയെല്ലാം പറന്ന് കിടന്നിട്ട് ജാഗ്രത സ്വപ്നയോഹോ പതിത്വ ജാഗ്രത സ്വപ്നങ്ങളിൽ ഇങ്ങനെ പറന്ന് പതിച്ചിട്ട് ദേത്തുവ അനുഭവിയ ഇതെല്ലാം അനുഭവിച്ചിട്ട് അന്യത്ര സദാഖ്യാത സ്വപ്ന ആയുധനം വിശ്രമണ സ്ഥാനം സത് സസ്വരവുമായ സത്ത് അതല്ലാതെ സുധാഖ്യാസ്വാത്മനഹ സ്വസ്വരൂപം അതല്ലാതെ ആയതനം വിശ്രമസ്ഥാനം അലധ്വ വിശ്രമിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നില്ല ജീവനെ വിശ്രമിക്കാൻ ഒരു സ്ഥലമില്ല എങ്ങനെയാണോ ബന്ധിച്ചിരിക്കുന്ന പക്ഷിക്ക് വിശ്രമിക്കാൻ ആ ബന്ധന സ്ഥലമില്ലാതിരിക്കുന്ന അതുപോലെ ജീവനും തനിക്ക് വിശ്രമിക്കുന്നതിന് വേറെ സ്ഥാനവും കിട്ടുന്നില്ല ജാഗ്രതത്തിലേക്ക് ഒന്നുപോയി അവളെ രക്ഷയില്ല അവളൊന്ന് വീണ്ടും വരേണ്ടി അവിടെ ഇരിക്കുമ്പോ തന്നെ ദുഃഖങ്ങളും ഇങ്ങനെ സ്വപ്നത്തിൽ പോയി അവിടെയും അങ്ങനെ ഏകരൂപത്തിലല്ല അവിടെ മൂർച്ചയിലേക്ക് പോയാലോ അവിടെയും വിശ്രമമില്ല സമാധി പോയാലോ അവിടെ വിശ്രമമില്ല സമാധി പല തട്ടിലാണ് സവികല്പൻ നൃവികൽപം സബീജം ഇങ്ങനെ നാനാത്തരവിടെയാ വിശ്രമം വിശ്രമ സ്ഥാനം അലദ്ധ്വാ എവിടെയെങ്കിലും വിശ്രമം കിട്ടിയിരുന്നെങ്കിൽ ജീവൻ സുഹൃത്തി പോകത്തില്ലായിരുന്നു ആ സ്ഥാനത്ത് തന്നെ അങ്ങനെ വിശ്രമിച്ചിരുന്നുണ്ട് പക്ഷെ വിശ്രമിക്കുന്നതിന് വേണ്ടി വിശ്രമസ്ഥാനം അലദ്വാണമേവാണേന സർവ്വകാര്യകരണാശ്രീ പുരക്ഷിത പ്രാണിപ്പിച്ചത് ആ പ്രാണനെ തന്നെ പ്രാപിക്കുന്നു പരമാത്മാവിനെ തന്നെ പ്രാപിക്കുന്നു അവ ജീവൻ പരമാത്മാവിനെ പ്രാപിക്കുന്നതെന്നാണ് പറയാനുദ്ദേശിക്കുന്നത് മനഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ ജീവൻ പ്രാണന പരമാത്മാവ് അതിനെ പ്രാപിക്കുന്നു ജീവൻ പരമാത്മാവിനെ പ്രാപിക്കും സുഹൃത്തിൽ അതാണ് സംഭവിക്കുന്നത് സർവകാര്യകരണാശ്രയോപലക്ഷിത പ്രാണിത് സദാഖ്യാപരാത സത് ഇവിടെ പ്രാണന് സത്തെന്ന് പറയും സത്തിനാണ് പ്രാണെന്ന് പറയും ഈ ശബ്ദങ്ങളെല്ലാം പല അർത്ഥത്തിൽ പല സന്ദർഭത്തിന് പോയി ഇവിടെ പ്രാണന് സത്തെന്നർത്ഥം പറഞ്ഞു മനസ്സിന് ജീവൻ എന്ന് പറഞ്ഞു മനസ്സാകുന്ന ജീവൻ പ്രാണനാകുന്ന സത്തിനെ പ്രാപിക്കുന്നു എന്ന് ചോദിക്കും പ്രാണസ്യപ്രാണൻ പ്രണസീതോ ഭാരൂപ ഇത്യാദി ശ്രദ്ധയെ പ്രണസ്യപ്രാണൻ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാണനും പ്രാണനായിരിക്കുന്നവൻ പ്രാണശരീരവും പ്രാണമാകുന്ന ശരീരത്തോടുകൂടിയവൻ എല്ലാം പറയുന്ന ഭാരൂപ പ്രകാശസ്വരൂപൻ ഇതെല്ലാം പറയുന്നുണ്ട് അധസ്ഥാം ദേവതാം പ്രാണം പ്രാണാഖ്യമോ ശ്രീരീണ്ടെ ഉറപ്പിക്കുകയാണ് ആ പ്രാണനെ തന്നെ പ്രാപിക്കുന്നു പരമാത്മാവിനെ തന്നെ പ്രാപിക്കുന്നു ഏകനെ തന്നെ പ്രാപിക്കുന്നു ഏകനും അദ്വിതീയനുമായ പരമമായ അവസ്ഥയെ പ്രാപിക്കുന്നു മനസ്സിന്റെ ബന്ധനം മനസ്സിന് അതായത് ജീവനെ തന്നിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നതാണ് പ്രാണൻ പ്രാണബന്ധനം യസ് മനഃ തത് പ്രാണബന്ധനം ഹി യസ്മാനഃ ക്ഷിതോപലക്ഷിതാശ്രയം മന ഇത് തദ്പരക്ഷിത ജീവ പറയുന്നു അങ്ങനെയുള്ള ഒരാശ്രയമാണ് മനസ്സിനുള്ളത് അതായത് തത് ഉപലക്ഷിതീത മനോപലക്ഷിതമാണ് ജീവൻ ഇവിടെ ശ്രദ്ധിക്കുക രണ്ടു കാര്യം പറയുന്നു ഒന്ന് സത്യം ഏകമേ വാദ്യജീയമായ പരമസത്യം മറ്റൊന്ന് ജീവൻ ഇത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു സുഹൃത്തിയിൽ അതായി മാറുന്നു എന്നാണ് പറയുന്നത് ശബ്ദം ഉപയോഗിച്ചത് തന്നെ പ്രാണനെ പ്രാണസാന്നിധ്യത്തെ അനുഭവിക്കുന്ന മനസ്സിലൂടെയാണ് അതുകൊണ്ടാണ് പ്രാണന് ജീവനും മനസ്സെന്ന് ജീവന്റെ ഒരു ഭാഗമാണ് മനസ്സ് ജീവന്റെ ഒരു ഭാഗമാണ് പ്രാണൻ എന്നാലും മനസ്സ് എന്ന് ജീവനെ പറയാൻ കാരണം അതാണ് മനസ്സിലൂടെ പ്രാണനെ അറിയുന്നു അഹമസ്മി എന്നറിയുന്നു മനസ്സിലൂടെ അറിയുന്നു അവിടെ ജീവനെ അറിയുന്നു ജീവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സർവത്തെ അറിയുന്നു എല്ലാത്തിനും ഉപാധി മനസ്സാണ് അതുകൊണ്ടാണ് മനസ്ശബ്ദ ഉപയോഗിച്ച് പ്രാണൻ ജീവൻ പ്രാണശബ്ദം ഉപയോഗിച്ച് സത്യൻ പരമാത്മാവിന് ാര്യങ്ങളെ ചർച്ച ചെയ്യുന്നു ഒന്ന് സത്ത് മറ്റൊന്ന് ജീവൻ അനേന്റെ ജീവിയൻ ആത്മനാൻ പ്രവിഷ്ട സദൈവ സൗമ്യമുഗ്രഹ ആ സിദ്ധാന്തങ്ങളുടെ മുഖ്യമായ വാറ്റകൾ ഒന്ന് സ്വത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു മറ്റൊത്ത് ജീവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ പ്രയോജനം സത്തിനെ കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാകുന്നു അപ്പൊ സത്തിനെ കുറിച്ചുള്ള ശരിയായ ബോധം എന്ന് പറയുമ്പോൾ സത്തിനെ മറ്റു വിഷയങ്ങളെ അറിയുന്നത് പോലെ അറിയുക ബോധം എന്ന് ഇവിടെ ഇനി ഉദ്ദേശിക്കുന്നതാണ് തത്ത് ആ സത്ത് തൊമസിനിയാണ് സത്തിനെ കുറിച്ചുള്ള ശരിയായ ബോധം എന്ന് പറയുന്നത് പോകുന്നത് താൻ ആ സത്താണ് അതാണ് മുഖ്യമായിട്ടുള്ളത് ഏ സത്ത് തന്റെ മുമ്പിൽ കാണുന്ന സത്ത് തന്റെ മുമ്പിൽ കാണുന്ന ഈ സത്ത് അതാണ് പക്ഷെ ഈ നാമരൂപാത്മകമായി കാണുന്ന ഈ സത്ത് ാമരൂപരഹിതമായി സങ്കല്പിക്കാൻ കഴിയില്ല കാരണം ഇത് നാമരൂപങ്ങളോട് കൂടിയേ പ്രതീതമാകുന്നുള്ളു പറയുന്നു പരമാർത്ഥത്തിൽ അവിടെ നാമരൂപങ്ങളില്ല എന്ന് പറയുന്നു അതിനെങ്ങനെ മനസ്സിലാക്കും അത് മനസ്സിലാക്കുന്നതിന് ദൃഷ്ടാന്തമായിട്ടാണ് സുഷൃതി പറയുന്നത് ഈ സത് നാമരൂപാത്മകവുമാണ് നാമരൂപരഹിതവുമാണ് രണ്ട് സുഷൃതിയിൽ എപ്പോഴാണോ ഈ പ്രതീതി ഇല്ലാതിരിക്കുന്നത് അത് നാമരൂപരഹിതം എപ്പോഴാണോ ഇത് പ്രതീതിയോടുകൂടിയിരിക്കുന്നത് അപ്പൊ നാമരൂപസഹിതം ഈ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശുശ്രിയെ ഇവിടെ പ്രധാനമായിട്ട് എടുക്കുന്നത് ആ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കണം ജാഗ്രതയും മനസ്സിലാക്കും എന്തുകൊണ്ട് മനസ്സിലാക്കണം ബുദ്ധിയോണ്ട് മനസ്സിലാക്കും ജാഗ്രതത്തിൽ ജീവൻ ബുദ്ധിയൊണ്ട് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നു എന്താണ് ഈ ജീവന്റെ വാസ്തവ സ്വരൂപം അത് നാമരൂപ സഹിതമായ അനുഭവത്തിൽ നാമരൂപരഹിതമായ ഒരു അനുഭവം ഇവിടെ ഉണ്ടാക്കാൻ സാധ്യമല്ല ജീവന്റെ മനസ്സിന്റെ സ്വഭാവം അതാണ് അതിങ്ങനെ പ്രചരിതമായിക്കൊണ്ടേ അപ്പോൾ അങ്ങനെ ഒരവസ്ഥയുണ്ട് അതാണ് പരമാർത്ഥം അത് താനുമായിട്ട് അതിനെന്താ ബന്ധം അത് നിന്റെ സ്വരൂപം തന്നെ കാരണം എന്തുകൊണ്ട് നിന്റെ സുഷുപ്തിയിലാണ് ഈ നാമരൂപരഹിതമായ അവസ്ഥയെ പ്രാപിച്ചത് ആര് നീ തന്നെ അവസ്ഥ നിന്റെ സ്വരൂപമാണ് നാമരൂപരഹിതമായ അവസ്ഥ അത് ബോധിപ്പിക്കുന്ന ജാഗ്രതയിൽ അത്തരത്തിലുള്ള ഒരു അവയർനെസ് ഒരു അവബോധം അതുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ചർച്ചയല്ല സുഷുതിയെക്കുറിച്ചുള്ള ചർച്ചയാണ് സുഷുതിയില അനുഭവം ജാഗ്രത കൊണ്ടുവരാനോ ജാഗ്രതയിലെ അനുഭവം സുഷ്ടത്തി കൊണ്ടുപോകാനൊന്നും സാധ്യമല്ല ഒന്നും സാധ്യമല്ല കാരണം സുഷുതിയില അനുഭവം എന്ന് പറയുന്നത് അവിടെ അനുഭവിക്കുന്നവനില്ല അതുകൊണ്ട് അവിടെ എന്താണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ തീർന്നു അവിടെ നിങ്ങോട്ട് ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോകാനുമില്ല കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ആളവിടെ ഇല്ല അവിടെ പിന്നെ അനുഭവം എന്തിനാ പറയുന്നു കേവലമായ സത്തിന് സത്ത് മാത്രം ശേഷിക്കുന്നു അതിന് സത്തെന്നോ ആനന്ദമൊന്നും അനുഭവമെന്നോ പറയാം അതിനിടെ നമുക്ക് സ്മരിക്കാൻ കഴിയത്തില്ല കാരണം സ്മരിക്കുന്നവനവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ കേട്ടത് ഇന്നലെ പറഞ്ഞത് സ്മരിക്കാൻ പറ്റുന്നു കാരണം കേട്ടവനും പറഞ്ഞവനോടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളില്ല സൂക്ഷിയെ നമുക്ക് സ്മരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ പിന്നെ സൂക്ഷിയെ കുറിച്ച് ഇപ്പൊ ഞാൻ ഉറങ്ങി ഈ പറയുന്നതെല്ലാം നമ്മുടെ സ്വത്തുമായി ജീവനേകീഭവിച്ചു എന്നെല്ലാം പറഞ്ഞു ഈ പറയുന്നത് ജീവൻ എന്ന് പറയുന്നതവിടെ സത്തിനോട് ഏകീഭവിച്ച് ആ സത്ത് കേവല ശൂന്യമല്ല ജഡമല്ല അറിവില്ലായ്മയല്ല അങ്ങനെയുള്ളതൊന്നുമല്ല അത് ആ സത്ത് എന്ന് പറയുന്നത് സച്ചിദാനന്ദമാണ് ആ സച്ഛാനന്ദത്തെ വിട്ടിട്ടുള്ള ഇപ്പൊ ജാഗ്രതത്തിലിരുന്നു ജീവൻ ഇതൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്തു ആ സച്ഛാനന്ദം എങ്ങനെയാണോ സുതിയിലിരുന്നത് അതുപോലെ തന്നെ ജാഗ്രത ഒരു മാറ്റം കൂടാതെ അതിനും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ജാഗ്രത സുഹൃത്തിയിൽ അതെന്താ ചെയ്തത് ആ ജീവനെ തന്നിലേക്ക് വിലയിപ്പിച്ചു ജാഗ്രതയിൽ എന്താ ചെയ്യുന്നത് ആ ജീവനെ തന്നിൽ നിലനിർത്തുന്നു രണ്ടും തമ്മിൽ വ്യത്യാസം സുഹൃത്തിയിൽ ആ ജീവന അവിടെ അവിടെ പിന്നെ യാതൊന്നും ഇല്ല അനുഭവമില്ല സ്മൃതിയില്ല ഒന്നുമില്ല അതിന്റെ അതിന്റെ സ്മൃതി ഒന്നും ജാഗ്രത ആവശ്യമില്ല എന്തുകൊണ്ടാവശ്യമില്ല ും ഈ ജാഗ്രതനെ നിലനിർത്തുന്ന അതാണ് സുഹൃത്തിയുടെ സ്മരണയുടെ ആവശ്യം കൂടെ വരുന്നില്ല എന്തുകൊണ്ട് സ്മരണ എന്ന് പറയുന്ന ഒരു ബോധമാണ് അറിവാണ് അറിയുന്നു അഹം എന്നറിയുന്നു ഞാൻ എന്നറിയുന്നു ഇതൊരു സ്മരണയാണ് ഇത് സ്മരണയാണ് പക്ഷെ ഇന്നലെ കേട്ടതിന് ഞാനിന്ന് ഓർക്കുന്നതെന്ന് സ്മരണയാണ് സ്മരണ നേരുന്നൊരു അനുഭവം ഉണ്ടായി ഉണ്ടായി അത് നശിച്ച് വീണ്ടും അത് അന്ധകൃണത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിനുള്ള സ്മരണ എന്ന് പറയുന്നത് ഇന്നലെ കണ്ട അതിനെ അനുഭവിച്ചു പിന്നെ പല അതിനെയും കണ്ടു കുതിരയെക്കുണ്ട് പലതിനെയും കണ്ടു അപ്പോൾ അത് വിസ്മൃതമായി എന്ന് പറയുന്നു അത് മനോമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ് ഇന്ന് ആന ഇല്ലാതെ തന്നെ അത് മനസ്സിലേക്ക് കടന്നു വരുന്നു ആ അറിവ് കടന്നു വരുമ്പോൾ പറയുന്നു അത് സ്മൃതി എന്ന് പറയുന്നു അഹംസ്മരണം എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ അഹമനുഭവം അതിനെ മറന്നിട്ട് ഇന്ന് വേറൊന്നുണ്ടാവുന്നതല്ല ആ സ്മൃതിയല്ല കേവലമായ അനുഭവമാണ് എന്തുകൊണ്ടത് ഏകരൂപത്തിൽ സദാ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് എന്തിന്റെ സ്ഫുരണമാണ് ആ സച്ചിദാനന്ദത്തിന്റെ തന്നെ സ്ഫുരണമാണ് അതിന്റെ പ്രകാശം അപ്പൊ ആ സച്ചിദാനന്ദത്തിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം നേരിട്ട് സൂര്യനിലേക്ക് നോക്കിയാലും അറിയാം മുമ്പിലിരിക്കുന്ന കണ്ണാടി നോക്കിയാലും സൂര്യന്റെ പ്രകാശം കിട്ടും പ്രതിബിംബം ഇരുപത് രണ്ട് സൂര്യന്റെ പ്രകാശം കിട്ടും അതുപോലെ സുഷുക്തിയിൽ അത് സ്വയം പ്രകാശിച്ചിരുന്നു ജാഗ്രതനും സ്വയം പ്രകാശിക്കരുത് പക്ഷെ ജാഗ്രതയിലാ സ്വയം പ്രകാശം കണ്ണാടിയിലൂടെ പ്രതിബിംബിക്കുന്നു എന്നേ ഉള്ളൂ അത് തന്നെയാണ് അതൊരു മാധ്യമത്തിലൂടെ പ്രകാശിക്കുന്നു ഇവിടെ ജീവൻ എന്ന് പറയുന്ന ഉപാധിയിലൂടെ അത് പ്രകാശിക്കുന്നു അതിനെക്കുറിച്ചാണ് പറഞ്ഞ സൃഷ്ടിവാത്ത ദേവാന് പ്രാവശ്യം അവ സച്ചിദാനന്ദ സ്വരൂപം തന്നെ ജീവഭാവത്തെ സൃഷ്ടിച്ച് അതിലൂടെ പ്രകാശിക്കുന്നു അവിടെ പ്രകാശിച്ച ആള് തന്നെയാണ് ഇവിടെയും പ്രകാശിക്കുന്നത് അതുകൊണ്ടിവിടെ സുഹൃത്തിയുടെ സ്മൃതിയില്ല അതിന്റെ ആവശ്യമില്ല സുഹൃത്തി പ്രകാശിച്ചവൻ തന്നെ ഇവിടെ പ്രകാശിക്കുമ്പോ എന്തിനാ അതിന്റെ സ്മൃതി ആവശ്യം വരുന്നില്ല പക്ഷെ ഇവിടെ വ്യത്യാസം വരുന്നതാണ് അവൻ പ്രകാശിക്കുന്നവനായി നിൽക്കുന്നു അവിടെ അങ്ങനെ നിന്നില്ല ഇവിടെ ഞാൻ അറിയുന്നവനായി നിൽക്കുന്നു സർവത്തെയും അറിയുന്നു അതുകൊണ്ട് സുഷൃതിയുടെ അനുഭവത്തെ നമുക്ക് ജാഗ്രത കൊണ്ടുവരാനോ ജാഗ്രതയുടെ അനുഭവങ്ങളെ സൃഷ്ടി കൊണ്ടുവരാനോ ഒന്നും സാധ്യമല്ല അതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ജാഗ്രത സൃഷ്ടിയിൽ ഒരാൾ തന്നെ ഒന്നിലാണിതെല്ലാം സംഭവിക്കുന്നത് അവിടെ ഞാൻ അനുഭവിക്കുന്നവനാണെന്ന് ഉള്ള അനുഭവം അവിടെ ഇല്ല ഇവിടെ അങ്ങനെയല്ല ഞാൻ അനുഭവിക്കുന്നവനാണെന്നുള്ള അനുഭവമുണ്ട് ഇത്രയുള്ള വ്യത്യാസം അതുകൊണ്ട് നമ്മൾ സാധനം ധരിക്കുന്ന എന്താണ് നമ്മൾ ഉറക്കത്തെ സ്മരിക്കുന്നു എന്ന് പറയുന്നു വാസ്തവത്തിൽ ഉറക്കത്തെ നമ്മൾ സ്മരിക്കുക എന്താ ഉറക്കം നമ്മളിൽ സ്ഫുരിക്കുക ഉറക്കത്തിൽ ആരാണോ ഉണ്ടായിരുന്നത് അയാളിപ്പോൾ പ്രകാശിക്കുക മധ്യാത്ത് സൂര്യനെ നേരിട്ട് നോക്കിയൊന്നും കാണാൻ കഴിയത്തില്ല അതേസമയം തന്നെ മുമ്പിൽ കണ്ണാടിയിൽ വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും എന്തുകൊണ്ട് പ്രകാശത്തിന്റെ തീവ്രതയിൽ പിന്നെ നമ്മുടെ കണ്ണിനോടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല പ്രതിബിംബത്തിൽ കാണുന്ന പ്രകാശത്തെ യഥാർത്ഥ സൂര്യനെ കാണാൻ പറ്റത്തില്ല അതിൻ്റെ അർത്ഥം എന്താ സൂര്യൻ പ്രകാശിക്കുന്നില്ലെന്നാണോ അവിടെ കാണുന്നവന ഇല്ലെന്നേ ഉള്ളു അത് തന്നെയാണ് ഇവിടെ സംബന്ധിക്കുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നു കാണുന്നവൻ അവിടെയുണ്ട് ഈ കാണുന്നവനായിട്ടല്ല കേവല ജ്ഞാനമായിട്ട് അല്ലെങ്കിൽ കേവല അനുഭവമായിട്ട് അതിനെ നമുക്ക് സാധാരണ പറയുന്ന അനുഭവം വിളിക്കാൻ പറ്റത്തില്ല നമ്മളെ അനുഭവം എന്ന് വിളിക്കുന്നതെല്ലാം ഗുടിയിൽപ്പെടുന്ന അനുഭവത്തെയാണ് കേവല അനുഭവത്തെ ഇതുവരെ പരിചയമില്ല എന്തുകൊണ്ട് അതിനെ പരിചയപ്പെടുത്താൻ ഒരാളില്ല അവിടെ അതിനെ പരിചയപ്പെടുത്തേണ്ട ജീവനാണ് കാരണം എല്ലാ അനുഭവങ്ങളെയും നമുക്കുണ്ടാക്കിത്തരുന്ന ജീവനാണ് സ്വർഗത്തെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും നരകത്തെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും ബന്ധനത്തെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും മുക്തി അനുഭവിച്ചെന്ന് പറഞ്ഞാലും ജീവനായില്ല ഉണ്ടാക്കിത്തരുന്നത് അവിടെ സുഷുത്തിയിൽ കേവലാവസ്ഥയിൽ ജീവനില്ല അതുകൊണ്ട് അവിടെ ആരും ഒരു അനുഭവത്തെയും നോക്കും പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതിനെ നമുക്ക് നിഷേധിക്കാൻ വയ്യ അത് എന്റെ അസ്തിത്വം തന്നെയാണ് അത് ഇപ്പോഴും തുടരുന്നു അസ്തിത്വം ഇപ്പോഴും പ്രകാശിക്കുന്നു അതുകൊണ്ട് പരമാവധി പറയാൻ കഴിയും ഞാൻ ഉറങ്ങി അറിയാതെ ഉറങ്ങി ഞാൻ ആനന്ദ സ്വരൂപനായി ഉറങ്ങി ഇതൊരു സ്മൃതിയല്ല ഇത് ആ കേവലമായ അനുഭവം ഇപ്പോൾ ഈ വർത്തമാന ജാഗ്രത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത് അവിടെ ഏകനായും സത്തായും ആനന്ദ സ്വരൂപത്തിലിരുന്നവൻ ഇപ്പോൾ ജീവഭാവത്തെ പ്രാപിച്ചിട്ട് പറയും അതേപ്രകാശം തന്നെ ജീവനിലൂടെ പ്രകാശിച്ച് അതാണ് പറയുന്നത് ഞാനവിടെ സുഖമായി ഇറങ്ങി എന്ന് പറയും പക്ഷെ ആ രീതിയിൽ അതിനെ വിശദീകരിച്ചാൽ അത് ഗ്രഹിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പൊതുവേ ഒരു അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയ എന്നാൽ എനിക്ക് പറയും എന്താണ് ഉറങ്ങി ആ ഉറക്കത്തെ സ്മരിക്കുന്നു എന്നാൽ പറയുന്നതും അസംബന്ധമല്ല പക്ഷെ അതിനങ്ങനെയല്ല മനസ്സിലാക്കരുത് സുഷൃത്തിയുടെ സ്മരണയല്ല ജാഗ്രത ജാഗ്രത സുഷൃത്തിയുടെ അനുവൃത്തിയാണ് അവിടെ ജീവനും കൂടി ഉണ്ടെന്ന് നിർത്താം എന്തുകൊണ്ട് ആ സുഷൃത്തി എന്ന് പറയുന്നത് ആ സത്താണ് ഭാഷ പ്രയോഗിക്കുന്നതിന് നമുക്ക് പരിമിതികൾ ഉണ്ടാവും നമ്മൾ പറയും ഉറക്കത്തിൽ ഞാൻ നമ്മളിപ്പോൾ അങ്ങനെ മനസ്സിലാക്കി സുഷുതിയിൽ ഞാൻ അല്ലെങ്കിൽ ജീവൻ പരമാത്മാവിനോട് ഏകീഭവിച്ചു ഈ ഭാഷയിൽ പോരായ്മയുണ്ട് എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നും സുഷൃത്തി എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ ഏകീഭവനം എന്ന് പറയുന്ന ഒന്ന് സംഭവിച്ചു അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഭാഷയുടെ പോരായ്മയാണ് എന്തുകൊണ്ട് സുഷൃത്തിയിൽ ഏകീഭവനം സംഭവിക്കുന്നില്ല ഇവിടെ എന്താണ് പറഞ്ഞത് സ്വഭിതി അത് സുഷൃക്തി തന്നെയാണ് സുതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഒരു ഏകീഭവനമല്ല അതിന് സ്വഭിതി എന്ന് പറയുന്നു എന്നുവെച്ചാൽ അത് സുഷൃക്തി തന്നെ അസുഷത്തിൽ തന്നെയാണെങ്കിൽ പിന്നെ ആര് എന്തിനോട് ഏകീഭവിക്കുക ഈ ജീവഭാവം നിലനിൽക്കാത്ത ഒന്നേ അതിനെക്കുറിച്ച് പറയാനുണ്ട് അവിടെ ഇവിടെ ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുന്നു വാലിന് വെള്ളം ചേർക്കുന്നു രണ്ടെണ്ണം ഏകീഭവിക്കുന്നു ഒന്നാകുന്നു വായുവിൽ ഗന്ധം കലരുന്നു ഒന്നാകുന്നു അങ്ങനെയൊക്കെ ഏകീഭവിക്കണമെങ്കിൽ രണ്ട് വേണം ഒന്നും മറ്റൊന്നിനോട് ചേർന്ന് ഇതങ്ങനെ രണ്ടില്ല സുഹൃത്തി ലേകൻ മാത്രം ഏത് നിമിഷമാണോ ഒരാൾ സുപ്തൻ എന്ന് പറയുന്നത് സുഫിജി എന്ന് പറയുന്നത് അവിടെ തന്നെ ഏകീഭവിക്കാൻ അവിടെ രണ്ടാമതൊന്നില്ല ഏകം മാത്രം പരമാർത്ഥം ആ പരമാർത്ഥം ഇപ്പോഴുമുണ്ട് പക്ഷെ ആ പരമാർത്ഥത്തിൽ ആ പരമാർത്ഥത്തിന്റെ നമ്മൾ പറയുന്ന ആ സത്തിന്റെ അനുഭവം അല്ലെങ്കിൽ സത്താകുന്ന അനുഭവം ജ്ഞാനമാകുന്ന അനുഭവം അവിടെ അങ്ങനെയും തിരികല് സുഹൃത്തിയിൽ സത്തിൻ്റെ അനുഭവം ഉണ്ടായി ജ്ഞാനത്തിൻ്റെ അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടായി അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അവിടെ സത്തായ അനുഭവമാണ് കേവലമായ അനുഭവം മാത്രമാണ് അവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള അനുഭവം ഇല്ല ആ സത്തായ അനുഭവം തന്നെയാണ് ജാഗ്രത്തിൽ പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമാണ് അതൊരു കണ്ണാടിയിലൂടെ പ്രകാശിക്കുന്നു അവിടെ സ്വയം പ്രകാശം കണ്ണാടി ഇല്ലാതെ പ്രകാശിച്ചു സ്വയം പ്രകാശത്തിൽ അനുഭവമില്ല അതിൻ്റെ സ്മൃതിയും ഉണ്ടാകത്തില്ല ശ്രമത്തിൽ ആത്മാവ് സ്വയം പ്രകാശമാണ് ജാഗ്രത്തിൽ ആത്മാവ് ഈ ഞാനാകുന്ന ജീവനാകുന്ന കണ്ണാടിയിലൂടെ പ്രകാശിക്കും ഇത്രയുള്ള രണ്ടെന്നും മുള്ള വ്യത്യാസം അപ്പോ സുഹൃത്തിയിൽ മുക്തനാണല്ലോ തീർച്ചയായിട്ടും ഒരു സംശയമില്ല സുഹൃത്തിയിൽ മുക്തനാണ് അതാണ് ഏകീഭവനം എന്ന് പറയുന്നത് എന്നാൽ സുഹൃത്തിയിലെ മുക്തിയെ മനസ്സിലായോ സുഹൃത്തിയിലെ മുക്തിയെ സുർത്തിയിൽ മുക്തനായി മനസ്സിലായാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ജാഗ്രതുകൊണ്ട് ബദ്ധനായിരിക്കുന്നു എന്ന് ചോദിക്കാൻ നോക്കത്തന്നെ എന്തുകൊണ്ട് സുർത്തിയിലെ മുക്തിയെ മനസ്സിലാക്കിയാൽ അത് ജാഗ്രതത്തിൽ മുക്തൻ തന്നെ പിന്നെ ജാഗ്രതത്തിലൊരു ബദ്ധനില്ല പിന്നൊരു ബദ്ധൻ ഉണ്ടാകത്തില്ല എന്നർത്ഥം അപ്പോൾ വീണ്ടും ഈ ജാഗ്രത്തിൽ ബന്ധനം അനുഭവിക്കുന്നതോ അതോ സൃഷ്ടിയിലെ ആ മുക്തിയെ ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ജാഗ്രത ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് എങ്ങനെയാണ് മുക്തിയുടെ സ്വരൂപം എങ്ങനെയാണ് സുഷ്ടിയിൽ മുക്തനെന്ന് പറയുന്നത് അത് ജാഗ്രതയിൽ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് കഴിയാത്തോണ്ട് ജാഗ്രത്തിൽ ബന്ധനായിരിക്കും എന്തുകൊണ്ട് അത് കാരണം നീ ബദ്ധൻ എന്ന് കരുതുന്ന ജാഗ്രത നീ മുക്തൻ തന്നെ മുക്തി സുഷുതിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അസ്വപ്നത്തിനും ജാഗ്രതത്തിനും എല്ലാം അവകാശപ്പെട്ടതാണ് അപ്പൊ സുഷുതി മുക്തനായിട്ട് എന്തുകൊണ്ട് ജാഗ്രത ബദ്ധനായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ ഇങ്ങനെയും ചോദിക്കാം ജാഗ്രത നീ മുക്തനായിരുന്നിട്ട് എന്തുകൊണ്ട് ജാഗ്രത ബന്ധനായിരിക്കുന്നു അതെ അപ്പൊ ഇത് രണ്ടിന്റെയും പൊരുളൊന്നാണ് മനസ്സിലാക്കിയാൽ അവൻ എങ്ങനെയാണോ സുഷൃപ്തി മുക്തനായിരിക്കുന്നത് അതുപോലെ ജാഗ്രത മുക്തനായിരിക്കുന്നത് കാരണം ഇവിടെ രണ്ടു മുക്തി മുക്തി ഒന്നേ അത് തന്നെയാണ് സുഷുതിയുടെ സ്വരൂപം അതുതന്നെയാണ് ജാഗ്രത്തിന്റെയും സ്വരൂപം എന്നാലും എനിക്ക് അത് മനസ്സിലാകുന്നില്ല ഈ ജാഗ്രതയിലും മുക്തി മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാം അതാണ് നിന്റെ അജ്ഞാനം പറയുന്നു എനിക്ക് ആ സുഷുത്തിയിലെ മുക്തിയും പിടികിട്ടരുന്നില്ല അതാണ് നിന്റെ സുഷുതിയിലെ അജ്ഞാനം അങ്ങനെ വന്നുകഴിഞ്ഞാൽ നിനക്ക് സുഷുനും ജാഗ്രതനുമൊക്കെ അജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും ദോഷമില്ല കാരണം നീ അജ്ഞനാണെങ്കിൽ നിനക്ക് സ്വപ്നത്തിനും ജാഗ്രതും സുഷൃത്തിയിലും എല്ലാം അജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും അജ്ഞാനമില്ലെങ്കിൽ നിനക്ക് സുഷുനും ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒന്നും അജ്ഞാനമില്ല അജ്ഞാനമില്ലാതെ ഇതെല്ലാം നടക്കുന്നത് അസംഭവിക്കും ഇതെല്ലാം ഇങ്ങനെ നടക്കും അതാണ് അജ്ഞാനമില്ലാതെ വ്യവഹാരം നടക്കില്ലെന്നാണ് അജ്ഞന്റെ അനുഭവവും അജ്ഞന്റെ സങ്കല്പവും അജ്ഞനെ സംബന്ധിച്ചിട്ടും വലിയൊരു സമസ്യതാണ് അജ്ഞാനമില്ലാതെ വ്യവഹാരം അങ്ങനെ നടത്തും അപ്പോ ജ്ഞാനത്തിന്റെ നിലയിൽ പറഞ്ഞാലോ വ്യവഹാരം ജ്ഞാനം തന്നെ നടത്തിപ്പോളും അല്ലേ അതിനജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് എന്തുകൊണ്ട് തത് സൃഷ്ടുക സദൈവം അനുപ്രാവിച്ചത് ആ സത്ത് തന്നെയാണ് സൃഷ്ടിച്ചത് അത് തന്നെയാണ് അനുപ്രവേശം നടത്തിയിരിക്കുന്നത് അപ്പോ തത്വജ്ഞന തത്വജ്ഞാനത്തിൻ്റെ വ്യവഹാരത്തിന് അജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് ജ്ഞാനം അതിന് അതിനുള്ള ശേഷി അതിനുണ്ട് അതല്ലേ സുഹൃത്തിയിൽ അവൻ ഏകനായി സന്മാത്രനായിരുന്നിട്ടും ജാഗ്രത വ്യവഹാരം നടത്തുന്നുണ്ട് അതങ്ങനെ നടത്തുന്നു ആരായി നടത്തുന്നത് ആ സത്ത് തന്നെയാണ് ആ സത്ത് തന്നെയാണ് ജാഗ്രതയിലെ വ്യവഹാരം എല്ലാം നടത്തുന്നത് അപ്പോൾ ഈ വ്യവഹാരം നടത്തുന്നതിന് അജ്ഞാനത്തിന്റെ ആവശ്യമില്ല സത്തിന് അത് പരാപേക്ഷമാണ് നിരപേക്ഷമാണ് സ്വയം പ്രകാശമാണ് അതൊന്നിനും മറ്റൊന്നിനും അപേക്ഷിക്കുന്നില്ല നമ്മളെ പുരാണത്തിന് ദൈവത്തിനാണ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അത് വേണം ഇത് വേണം ആശ്രയിച്ചു എന്നെല്ലാം ഇവിടെ തത്വത്തിൽ ഈശ്വരൻ അതിൻ്റെ ആവശ്യമില്ല അത് നിരപേക്ഷനാണ് ഈശ്വരനെ അംഗീകരിക്കുകയും അതിന് സാപേക്ഷരെ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ ഈശ്വരനല്ലാതാവും ഈശ്വരനൊരു ദുർബലനായിപ്പോ ഇവിടെ അങ്ങനല്ല അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സമാധാനം ഇതിനകത്തുണ്ട് ഈ സ്വത്തിൻ്റെ ഏകീഭവനം എന്ന് വർണ്ണിക്കുന്നിടത്തുണ്ട് അപ്പം അവിടെ ഞാൻ പറഞ്ഞു വന്നതാണ് സുഷുതിയിലേകീഭവനമല്ലോ ആ സുഷിപ്തി തന്നെയാണ് ഏകീഭം സുഷിക്തി തന്നെയാണ് തത് അതിനെ തന്നെയാണ് തുരിയൻ എന്നു പറയുന്നത് അതിനെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ സൃഷ്ടികർത്താവെന്നു പറയുന്നത് അതിനെയാണ് നജികേന് മനസ്സിലാക്കി കൊടുക്കുന്നത് ആ സത്ത് അതാണ് നീ എന്ന് മനസ്സിലാക്കിക്കൊടുക്കുന്നത് ഇത് ആത്മനിഷ്ഠമായിട്ട് ബോധിപ്പിക്കും നിഷ്ഠമായി ബോധിപ്പിക്കുമ്പോൾ അന്തരീയമായി തൻ്റെ തന്റെ അവസ്ഥകളെ അല്ലെങ്കിൽ തൻ്റെ അനുഭവങ്ങളെ വിശകലനം ചെയ്ത് ബോധിപ്പിക്കും ഇനി കാരണം സത്തിനങ്ങനെ ഉള്ളെന്നോ പുറമെന്നോ ഉള്ള വ്യത്യാസം സത്തിനെ സംബന്ധിച്ച് ജീവനെന്നോ പരനമെന്നുള്ള വ്യത്യാസം അത് ബാഹ്യവും അന്തരവും അങ്ങനെ ഉള്ളും പറവും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് പ്രതീതി മറ്റൊന്ന് ആ പ്രതീതിയുടെ ആധാർ ഇതുവരെ ചർച്ച ചെയ്തത് ആ പ്രതീതിയുടെ ആധാരത്തെ എടുത്തുകൊണ്ടാണ് ആ പ്രതീതിയുടെ ആധാരമാണ് ജാഗ്ര സ്വപ്ന സുശക്തിയുടെ ആധാരം ഇനി ആ പ്രതീതി അതാണ് ജാഗ്ര സ്വപ്നങ്ങൾ എന്ന് പറയുന്നതാണ് പ്രതീതി അതിനെ എടുത്ത് ചർച്ച ചെയ്യണം ബാഹ്യമായി കാണുന്ന ഇതല്ല ശരീരം െ സംബന്ധിച്ച് ചിന്തിച്ചാലും ആ സത്തിൽ തന്നെ എത്തിച്ചേരും കാരണം ഈ കാണുന്നതിന്റെ എല്ലാം തുടക്കം സത്തിൽ നിന്നാണ് ആത്യന്തികമായ ഇതെല്ലാം സത്ത് തന്നെയാണ് അവസാനം ഉപദേശിക്കുന്നതാണ് വിധം സ്വർപ്പം ആത്മാസ്വരൂപം ഏതസ്വരൂപം ആ സത്ത് ഇതാണ് നീ കാണുന്നത് തന്നെ നിന്റെ പ്രതീതിക്ക് വിഷയമായിരിക്കും തന്നെ രണ്ടുതരേയും പറഞ്ഞത് നീ തന്നെ എന്ന് പറയും രണ്ടും ചേർന്നാൻ്റെ ഉപദേശം പൂർണ്ണമാവും ഒന്ന് നീ തന്നെയെന്ന് ഉപദേശിക്കും പിന്നെ നീ കാണുന്നത് തന്നെയെന്ന് ഉപദേശിക്കും എന്നാലേ അതിന് സമഗ്രത വരുത്തും വീണ്ടും ആശയ കൊടുക്കാൻ അതുകൊണ്ട് ഇനി രണ്ടാമത് അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് എൻ്റെ പ്രതീതിയെ സ്വീകരിച്ചുകൊണ്ട് പിപ്പാസെ എത്രരുഷിഷതിയേഥോ അശ്വച്ഛത് അശ്വനേ തത്രേതം ഉത്പത്തിന ജീവന സത്യസുരുമൂലം പുത്ര ദർശിംബാ സുഷുപ്തി സുഷുപ്തൻ രണ്ടു തരത്തിലും പറയാം ഒന്ന് തന്നെ ഈ ശബ്ദത്തിലൂടെ ഈ അനുഭവത്തിലൂടെ ഈ ശബ്ദത്തിലൂടെ നമുക്ക് ചിന്തിക്കാവുന്ന അനുഭവം അതാണ് എന്ന് പറയുന്നത് പ്രസിദ്ധി എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ ഉള്ള നമ്മുടെ അനുഭവം അത് സർവ്വക്കൂള അനുഭവം ജീവസ്യ സത്യസ്വരൂപം അത് തന്നെയാണ് ജീവന്റെ പരമാർത്ഥ സ്വരൂപം സത്യസ്വരൂപം ജഗതോ മൂലം അതാണ് നേരത്തെ പറയുന്നുണ്ടോ സദേവസ്വാമി സമഗ്ര ആസിട്ട അതാണ് ജഗത്തിന് മൂലമായിരിക്കുന്നത് അതാണ് പരമാർത്ഥമായിരിക്കുന്നത് തത് പുത്രസി പുത്രനെ ബോധിപ്പിച്ചു ആഹാ അതിനുശേഷം പറയുന്നു അന്നാദികാരി പരമ്പരയാവേ ജഗതമൂലസന്തിർശയിഷു ഗദ്വിധത്തിനും മറ്റ് സാധന സമ്പ്രദായങ്ങൾക്കുള്ളൊരു വ്യത്യാസം ഇതാണ് ഈ പറയുന്ന അവബോധം ഈ സത്താണ് എന്ന് ആന്തരികമായി ഒരാൾ ഗ്രഹിക്കുന്നു ഇനി ഒരാൾക്ക് ആ ബോധം സമാധാനം കൊടുക്കുന്നില്ല ഇത് പോരാ എനിക്കിങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ ആ മനസ്സിലായ സ്വയം ഒരു വരുന്നു ഇതല്ല സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇനി എന്താ സാക്ഷാത്കാരം ആ സത്യനെനിക്ക് സാക്ഷാത്കരിക്കുന്നു അതിനുവേണ്ടിയിട്ട് മനസ്സിനെ നിരോധിക്കുക പ്രപഞ്ചത്തെ നിരോധിക്കുക നിരോധിച്ച് ഏകാഗ്രമാക്കി ആന്തരികമായാലും സാക്ഷാത്കരിക്കും സമാധി എന്ന് പറയും സാക്ഷാത്കാരം അവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് പൂർണ്ണത വരുമോ വരത്തില്ല കാരണം അങ്ങനൊരു മനസ്സിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പോയി സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ആവസ്ഥയെ ഉപേക്ഷിക്കേണ്ടി വരും ആ സാക്ഷാത്കാരത്തെ വിടേണ്ടി അതിനെ വിടേണ്ടി വന്നു വീണ്ടും ജാഗ്രതത്തിലേക്ക് വന്നാൽ പഴയതുപോലെ തന്നെയാകും സംസ്കാരം കാണുന്നു ശരി അതിന്റെ സംസ്കാരമേ കാണത്തേ മധുരം ഭക്ഷിച്ചിട്ട് പിന്നീട് ഇരുന്ന മധുരത്തെക്കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ അത് സ്മരണയാകത്തുള്ള അനുഭവമാകത്തില്ല അനുഭവം സ്മരിക്കുമ്പോഴേ അനുഭവിക്കുമ്പോഴും അനുഭവം വിട്ടിട്ട് വീണ്ടും വന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സമാധി എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അനുഭവത്തിൽ ഇരുന്നിട്ട് അതിനെ വിട്ടിട്ടാണ് അയാൾ വ്യവഹാരത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അത് സ്മരണയാക്കുന്നത് അതിന് പിന്നെ അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം നേടിയതെന്തോ നഷ്ടപ്പെടുത്തി പിന്നെ സ്മരണമാക്കും മധുരസ്മരണകൾ എന്ന് പറയുമ്പോഴും അതുപോല അപ്പോ അയാൾ അയാളെ സാക്ഷാത്കാരത്തിനെന്ന് പറയാൻ പറ്റില്ല ഇത്രയും പറയാം എന്താണോ അപ്പോൾ അയാൾക്കൊരു സാക്ഷാത്കാരം ഉണ്ടായി അതിന്റെ സ്മൃതി ഇതാണ് ഇനി സാക്ഷാത്കാരം വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വീണ്ടും നിരോധിക്കണം നിരോധിച്ചിട്ട് വീണ്ടും അവിടെ പോയിരിക്കണം വീണ്ടും അതിൽ നിന്ന് അത് ഉണ്ടാക്കിയെടുത്തേ അതിൽ നിന്ന് വീണ്ടും ഇവിടേക്ക് വരും വീണ്ടും സ്മരണ വരും വീണ്ടും പോക്ക് വരും അതും ഒരു ല്ല ഇവിടെ കണ്ണടച്ചിരുന്ന സമാധിയെക്കുറിച്ചൊക്കെ പറയുന്നു കണ്ണ് തുറന്നിരുന്ന സമാധിയാണ് വ്യവഹാരം കൊണ്ട് സമാധി എന്ന് പറയുന്ന വ്യവഹാരം കൊണ്ട് ബാധിച്ചു സംസ്കാരം അതിൽ നിളക്കിക്കളി അതൊക്കെ സംഭവിക്കും ഏതെങ്കിലും ഒരു സമാധിയിലെത്തിയിരുന്നു കഴിഞ്ഞാൽ ആ സമാധി സംസ്കാരം ആണ് അതിനെത്തിക്കുന്നത് പക്ഷെ അതിനേക്കാലം പ്രബലമായ കുറവ് സംസ്കാരം വരുമ്പോൾ അത് സമാധി സംസ്കാരത്തെ ക്ഷയിപ്പിച്ചിട്ട് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരും അനുഭവം പോയി വീണ്ടും ആ സ്മരണയുള്ളതുകൊണ്ട് വീണ്ടും പരിശ്രമിച്ച് സമാധിക്ക് പോകേണ്ടി വരും ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും അവസ്ഥയിൽ പോയിരിക്കുന്ന സമാധിയെക്കുറിച്ചല്ലേ പറയുന്നു എന്തുകൊണ്ട് ഇവിടെ ജാഗ്രതത്തിനും കണ്ണു തുറന്നിരിക്കുമ്പോഴും അത് തന്നെയാണ് അതാണ് ഇവിടെ അടുത്ത് വിശദീകരിക്കുന്നത് ആഹാ അന്നാദികാര്യകാരണ പരമ്പരയാ ജഗതം മൂലം സന്ധി ദർശേഷ ബാഹ്യമായി എന്താണോ പ്രതീതമാകുന്ന എന്താണ് അന്യാദികാര്യകാരണ പരമ്പരയ ഈ കാര്യകാരണ പരമ്പരയിലൂടെയും ജഗതഹ മൂലം സബ് അതിനെ കാണിച്ചു കൊടുക്കുന്നതിന് ബാഹ്യമായി കാണിച്ചു കൊടുക്കുന്നതിന് ആന്തരികമായി പറഞ്ഞ് ഏതുവരെ എത്താം അതിനപ്പുറം പോകാൻ കഴിയത്തില്ല ബാഹ്യമായി നീ പറയുന്നു ജാഗ്രത്തിൽ എങ്ങനെയാണെന്ന് പറയുന്നു ബാഹ്യമായി പറയുക എന്ന് വെച്ചാൽ ജാഗ്രത പറയുക എന്ന് പറഞ്ഞ് സുഷുത്തിയിൽ പറഞ്ഞു ജാഗ്രതയിൽ സത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ജാഗ്രതയുടെ സത്ത് സുഹൃത്തിൽ ഇന്നതായിരുന്നു ഇനി അയാൾ ഇയാൾ തന്നെ ഇരിക്കട്ടെ അയാൾക്ക് യോഗ സംസാരം കൊണ്ടായിരുന്നു സമാധി പരിശീലിച്ചതെന്നിരിക്കട്ടെ അവിടെയും വ്യത്യാസമൊന്നുമില്ല സുഹൃത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഇവിടെ സമാധിയുടെ സ്വഭാവം അനുസരിച്ചായിരുന്നു സമാധി നൂറുകണക്കിനില്ലേ ഏതാണോ അയാൾ എത്തിച്ചേരുന്നത് അതിൻ്റെ സ്വഭാവം അനുസരിച്ചായിരുന്നു ഇത് മൂന്നിനും വ്യത്യാസമില്ല സുഷൃക്തി ജാഗ്രത സമാധി ഇതിലൊന്നും വ്യത്യാസമില്ല അതുകൊണ്ടിവിടെ പക്ഷെ ഭാഷ്യകാര് രണ്ടേ പറയുന്നു നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഞാമനക്കൂറും പറയുന്നു ഭാഷ്യകാലും ഇവിടെയൊന്നും സമാധിയെക്കുറിച്ച് പറയുന്നു ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് സുഷക്തി മറ്റൊന്ന് ജാഗ്രത ഈ രണ്ട് കാര്യങ്ങളിലുള്ള കാര്യങ്ങളെ പറയുന്നു മൂന്നാമതെ കുറിച്ച് പറയുന്നു കാരണം അത്യാവശ്യമുള്ള കാര്യമുണ്ട് ഇനി സാധാരണ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു വിശപ്പുന്താകും പോലുള്ള കാര്യങ്ങൾ അവിടെയും ആ സെന പി ലോപിച്ചു അത് പറയുന്നു വിശപ്പും ദാഹൂന്ന് മനസ്സിലാക്കിയാൽ മതി ഇതിന്റെ തത്വത്തന്നെയും മനസ്സിലാവും വിശപ്പിനും ദാഹത്തി എടുക്കുന്നു കാരണം ഇത് മുഖ്യം അനുഭവത്തിൽ ഏറ്റവും പ്രബലമായിരിക്കുന്ന ഇതാണ് അവസാനത്തെ അനുഭവിച്ചതാണ് എന്താ മരിക്കാൻ പോകുന്നതാണ് എന്താ കൊടുക്കുന്നത് വെള്ളമാ കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴും അയാൾക്ക് ശരീരത്തിന്റെ സഹജമായ ഈ ശരീരത്തിൻ്റെ ജീവനോട് അങ്ങേറ്റം ബന്ധിപ്പിക്കുന്ന വികാരമാണ് മറ്റെല്ലാ വികാരവും നഷ്ടപ്പെട്ടു കാമാദി വികാരങ്ങളെല്ലാം നശിച്ചു അതിനൊരു പരിമിതിയുണ്ട് പക്ഷെ അശനാഭിവാസം അങ്ങനെ വിശപ്പുണ്ടാവും ജീവന്റെ അവസാന നിമിഷം വരെ നീക്കും ജഡവികാരമാണ് ജീവനശരീരത്തോട് ബന്ധിപ്പിക്കുന്ന അവസാനത്തെ വികാരം ശരീരവും മനസ്സുമൊക്കെ ദുർബലമായി കഴിഞ്ഞ രോഗഗ്രസ്തമായ അവസ്ഥയില് മറ്റ് വികാരങ്ങളെല്ലാം അസ്തമിച്ചാലും ജീവന് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ ആദ്യം വരുന്ന ഇതാണ് അശിനാപി അത് വരുമ്പോ അത് വരും അതിന് താത്കാലികമായ എന്തെങ്കിലും പ്രതിഘാതം വിഘുനം ഉണ്ടായാലും ശരി അത് മാറത്തില്ല വിഘുനം മാറുമ്പോൾ വീണ്ടും വരും രോഗം വന്നു വിശപ്പ് എല്ലാം കുറഞ്ഞു കുറയും ഇല്ലാതാകത്തില്ല പക്ഷെ അടുത്ത നിമിഷം അത് വരും മറ്റൊരവസ്ഥയിൽ വീണ്ടും അത് വരുന്നു അപ്പോൾ അത് ഏറ്റവും പ്രബലമാണ് അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് സർവ്വത്ര ചർച്ച ചെയ്യും ജടവികാരങ്ങളിൽ ഏറ്റവും പ്രബലമായത് സത്വം അതിനെയും തത്വത്തോടു കൂടി ഗ്രഹിക്കുക പറഞ്ഞു പരിചയമുള്ളതിന്റെ തത്വത്തെ ഗ്രഹിക്കുക എന്നാണ് പറയുന്നത് പരിചയമില്ലാത്തതിന്റെ തത്വത്തെ പറയുകയാണെങ്കിൽ ആദ്യം അതിനെ പരിചയപ്പെടണം പിന്നെ അതിൻ്റെ തത്വത്തെ ഗ്രഹിക്കണം നമ്മൾ സാധാരണ പറയും ഇത്രി ഗുണങ്ങൾ പരമാണുക്കൾ തത്വത്തിൻ്റെ ജസ്വമസ് ഇങ്ങനെയൊക്കെ പറഞ്ഞുപോയാൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് പരമാണു അങ്ങനെ പിടികിട്ടണം മായ അവദ്യ സൂക്ഷ്മശരീരം ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇത് സ്ഥൂലമായി അനുഭവപ്പെടുന്നതാണ് അത് സതത്വം അതിനെ തത്വത്തോടുകൂടി ഗ്രഹിക്കുക എന്താണ് എത്രയസ്മിൻകാല പുരുഷോഭവതി കിം തത് അസിശിഷക്തി അസിതി മിച്ചതി നേരത്തെ സ്വഭിത്തി എന്ന് പറഞ്ഞല്ല അതുപോലെ തന്നെ ഈ ഭോക്താവായിരിക്കുന്ന പുരുഷൻ എല്ലാം അനുഭവിക്കുന്നവനായ പുരുഷൻ ദാഹത്തോടുകൂടിയവനായിരിക്കുന്നു വിശപ്പോടുകൂടിയവനായിരിക്കുന്നു ദാവും വിശക്കും വരുമ്പോ ശരീരം പോലും മറക്കുന്നത് ശക്തമായ വികാരങ്ങളെല്ലാം ശരീരത്തെ ശരീര വിസ്മൃതിയിലേക്കാണ് ജീവനെ കൊണ്ടെത്തിക്കുന്നത് എപ്പോഴാണ് അവന് ദാഹിക്കുന്നത് വിശക്കുന്നത് തഥാത്തസ്യപുരുഷ സി നിമിത്തം നാമ ഭവതി അത് വിശദീകരിക്കുന്നു എത്ത പുരുഷേനാശിതമന്നം കഠിനം പീത ആപു നയന്തേ ദ്രവീകൃത്യ രഥാദിഭാവ്യേന വിപരിനം വിപരീനം ആ ജലം എന്താ ചെയ്യുന്നതെന്ന് പറയുന്നു അന്നത്തെ ഭക്ഷിക്കുന്നു അതിന് ജലം നയിക്കുന്നു എന്നുവെച്ചാൽ അതിന്റെ പരിണാമത്തിന് ജലം സഹായിക്കുന്നു ജലത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഉള്ളിൽ അതിന്റെ പരിണാമം നടക്കുന്നത് ദ്രവീകൃത്യം നല്ല ജലമയമാക്കുന്നു രസാദിഭാവേന പരിണമയത്തെ രസങ്ങളായി പരിണമിപ്പിക്കുന്നു ആയുർവേദ ശാസ്ത്രത്തിനും മറ്റും പറയുന്ന പോലെ രസവിഭാഗങ്ങൾ എല്ലാം സംഭവിക്കുന്നു ഉള്ളിൽ എല്ലാം സഹായിക്കുന്നത് ജലമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നു ഭുക്തം മന്നം ഭക്ഷിച്ച ആഹാരം ദഹിച്ചു എന്ന് പറയുന്നു ഇത് തുടക്കം ഇടുന്നതാണ് ദാഹത്തിൽ നിന്നാണ് ദാഹമാണ് പറഞ്ഞത് ജലം വേണം അല്ലെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഉടൻ പറയും ദാഹം പറയും വെള്ളം കൊണ്ടുപോകാം അപ്പോൾ ജലത്തിനവിടെ വലിയൊരു ജോലിയുണ്ട് അതത്യസ്യ നാമ അസ്യശിഷ്ട അവൻ ദാഹിക്കുമ്പോൾ അവൻ സ്വയം ദാഹമായനായി തീരുകയാണ് അവിടെ മറ്റൊന്നുമില്ല സ്വയം തന്നെ അവൻ ദാഹമായി ജീർണെ അസിത മിശരി സർവോ ജന്തു അപ്പോ ജലം അതുമാത്രമല്ല അവൻ ദഹിപ്പിക്കുന്നു ദഹിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ തന്നെ വിശപ്പായി മാറുന്നു അതിനും കാരണക്കാരനെയും ജലമാണ് ഭക്ഷണത്തെ ദഹിപ്പിച്ച ജലമാണ് പിന്നീട് വിശപ്പുണ്ടാക്കിയത് അപ്പോൾ അവനെ തന്നെ വിശക്കുന്നവൻ അവനെ തന്നെ ദഹിക്കുന്നവൻ എന്ന് പറയാം ജലത്തിനൊരു പ്രാധാന്യമുണ്ട് അത് എങ്ങനെ ആ തത്വത്തിലെത്തിക്കുന്നു എന്നുള്ളത് ഇനി വിശദീകരിക്കുന്നു അവിടത്തെ രണ്ടു തരത്തിൽ പറയാം ജീവൻ ദാഹിക്കുന്നവനും വിശക്കുന്നവനുമായിരിക്കുന്നവൻ ദാഹിക്കുന്നവനും വിശക്കുന്നവനുമായിരിക്കുന്ന അവൻ ദാഹത്തിലൂടെയും വിശപ്പിലൂടെയും സഞ്ചരിക്കുന്നവൻ അവൻ ആ സ്വത്താണ് അതാണ് പറഞ്ഞുവരുന്നത് അത് എങ്ങനെ ജലം അഗ്നി അന്നം ഇതിനോട് ബന്ധപ്പെടുത്തി ജലത്തിൽ നിന്നെങ്ങനെ തേജസ്സിലെത്തിച്ചേരുന്നു തേജസ്സിൽ നിന്ന് എങ്ങനെ സത്തിലെത്തിച്ചേരുന്നു അങ്ങനെയെല്ലാം വിശദീകരിച്ച് ഈ ബാഹ്യാനുഭവങ്ങളിലും സത്ത് തന്നെ എന്നിവിടെ സമൃദ്ധിക്കുകയാണ്